എല്ലാവർക്കും എൻ്റെ പ്രമാണം നിർവൃത്തി പഞ്ചരത്തിലെ അവസാന പദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ജാതാതമ സ്വാഭേദശൂന്യകുഭിവാദോപരസ നിർവൃത്തി അജ്ഞാതസമ പരമസത്യം പിടികിട്ടിക്കഴിഞ്ഞാൽ അത് ഉറപ്പു വന്ന ആള് ജ്ഞാത അജ്ഞാതസമ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതും ഒക്കെ അദ്ദേഹത്തിന് തുല്യമാണ് സ്വന്യ ഭേദശൂന്യ താനും അന്യനും എന്ന ഭേദമേ അദ്ദേഹത്തിനില്ല സ്വന്യഭേദശൂന്യ ജ്ഞാത അജ്ഞാതസമ ജ്ഞാതവും അജ്ഞാതവുമായത് ഒക്കെ അദ്ദേഹത്തിന് തുല്യം താനും അന്യനും എന്ന ഭേദമേ അദ്ദേഹത്തിനില്ല കുത്തോഭിത സത്യമറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എവിടുന്നാണ് ഭേദചിന്ത ഒരറ്റ സത്യമേ ഇവിടെ ഉള്ളൂ അതാണ് വ്യവസായാത്മിക ബുദ്ധിരേഖ കൃഷ്ണൻ പറയുന്നു നിശ്ചയം വന്ന ബുദ്ധി ഒന്ന് രണ്ട് ബുദ്ധി ഇല്ല പിന്നെ എന്താ ഇനി അറിയാം അറിഞ്ഞതും അറിയാത്തതും ഒക്കെ ഒന്ന് താനും അന്യനും ഒന്ന് അതായത് ബ്രഹ്മം ഈശ്വരൻ ഇത് സത്യം സാക്ഷാത്കരിച്ചയാൾക്ക് സംശയമേ ഇല്ല അല്ലെങ്കിൽ പോലും നമുക്ക് ബുദ്ധിക്ക് പോലും ഇത് മനസ്സിലാക്കാൻ കഴിയും ശാന്തോപനിഷത്തിലെ തത്വമസി ഭാഗത്തിൽ അച്ഛൻ മകനോട് ചോദിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചു നോക്കുക മകനെ പന്ത്രണ്ട് കൊല്ലം വിദ്യാഭ്യാസത്തിനയച്ചു പന്ത്രണ്ടാം വർഷം ഗുരൂരവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മകൻ മടങ്ങിയെത്തി വളരെ അഹങ്കാരിയായിട്ടാണ് മകനെ കാണാനിടയായത് അപ്പോൾ അച്ഛൻ ചോദിച്ചു കുഞ്ഞു നിനക്ക് ആചാര്യൻ ആ സത്യം പറഞ്ഞു തന്നില്ലേ അപ്പോ മകൻ ചോദിച്ചു ഏത് സത്യമാണച്ചേന ശ്രുതേന അശ്രുതം ശ്രുതം സാത് ഏന മതേന അമതം മതം സാത് ഏന വിജ്ഞാത അവിജ്ഞാതം വിജ്ഞാതം അങ്ങനെയുള്ള വസ്തു ഏന ശ്രുതേന ഏത് വസ്തുവിനെക്കുറിച്ച് കേട്ടാൽ അശ്രുതം ശ്രുതം സാദ് കേൾക്കാത്തതൊക്കെ കേട്ടതായിത്തീരും അമതം മതം സ്യാത് മനനം ചെയ്യപ്പെടാത്തതൊക്കെ മനനം ചെയ്യപ്പെട്ടതായിത്തീരും അവിജ്ഞാതം വിജ്ഞാതം സാദ് അറിയപ്പെടാത്തതൊക്കെ അറിയപ്പെട്ടതായിത്തീരും അതിനെക്കുറിച്ച് കേട്ടാൽ ആ സത്യം നിനക്ക് ഗുരുക്കന്മാർ പറഞ്ഞിരുന്നില്ലേ അപ്പം പകൻ ചോദിച്ചു അതെങ്ങനെ അങ്ങനെ ഒരു സത്യമുണ്ടോ എന്താകുന്നേ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ നിരവധി പാത്രങ്ങൾ നിന്റെ മുമ്പിൽ നിരന്നിരിക്കുന്നു എന്ന് കരുതുക മണ്ണിനെ കുറിച്ച് നിനക്ക് പിടികിട്ടിയോ പിടികിട്ടിയാൽ മണ്ണുകൊണ്ട് ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതും ഇനിമേൽ ഉണ്ടാകാവുന്നതുമായ എല്ലാ പാത്രങ്ങളുടെയും കാര്യം നിനക്ക് മനസ്സിലായി അതെങ്ങനെ വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം കുഞ്ചേ മണ്ണിനെ നിനക്ക് പിടികിട്ടിയാൽ എത്ര എത്ര പാത്രങ്ങളുണ്ടാകട്ടെ അവയൊക്കെ വികാരം മണ്ണിൻ്റെ ഒരു രൂപം അതിനൊരു പേര് മൃത്തികേത്തിയേവ സത്യം മണ്ണ് മാത്രമാണ് സത്യം ഇതുവരെ പാത്രങ്ങളിലും ഇതാണ് ഗതി ഇനിമേലുണ്ടാകാൻ പോകുന്ന പാത്രങ്ങളിലും ഇതാണ് സ്ഥിതി മണ്ണിൻ്റെ ഒരു രൂപം ഒരു നാമം ആ രൂപവും നാമവും പുതിയ വസ്തുവിനെ ഇനി എത്ര പുതിയ പാത്രങ്ങൾ ഉണ്ടായാലും വസ്തു മണ്ണ് അതുപോലെ തന്നെ ഉദാഹരണങ്ങളും മകനെ കേൾപ്പിച്ചു ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളുടെ ദൃഷ്ടാന്തവും കേൾപ്പിച്ചു സ്വർണം കൊണ്ട് നിരവധി ആഭരണങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു സ്വർണത്തെ അറിയാവുന്ന ആളിന് വികാരോ നാമധേയം എല്ലാ ആഭരണങ്ങളും സ്വർണത്തിൻ്റെ ഒരു വികാരം രൂപം ഒരു പേര് വസ്തുവന്താ സ്വർണം മുമ്പിലിരിക്കുന്ന ആഭരണങ്ങൾ മാത്രമല്ല ഇനിമേൽ എന്നൊക്കെ എത്ര സ്വർണ്ണ ആഭരണങ്ങളുണ്ടായാലും സ്വർണം മാത്രം സത്യം മറ്റെല്ലാം വെറും നാമരൂപങ്ങൾ നാമരൂപങ്ങൾ ഒരിക്കലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല കുഞ്ഞേ അതുപോലെയാണ് ഈ പ്രപഞ്ചം ഉമ്മ അനുഭവമായിട്ടുള്ള ബോധത്തിൻ്റെ രൂപാന്തരങ്ങളാണ് എങ്ങനെയാണോ സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങൾ രൂപം കൊള്ളുന്നതിനു മുൻപ് ഒരു കട്ടി സ്വർണം മാത്രം ഉണ്ടായിരുന്നത് അതുപോലെ ഈ നാമരൂപങ്ങൾ അമീബം മുതൽ സൂര്യചന്ദ്രന്മാർ നാമരൂപങ്ങൾ ഉണ്ടാകുന്നതിനു മുൻപ് ഉമ്മ അനുഭവമായ ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സദൈവ സൗമ്യ ഈ ദമഗ്ര ആസീംസ് സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്തെന്ന് പറഞ്ഞാൽ ഉണ്മ അനുഭവമായിട്ടുള്ള ബോധം എന്നർത്ഥം അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകം ഏവ് അദ്വിതീയം ഒന്നേ ഒന്നു മാത്രം രണ്ടില്ലാത്തത് എന്നാവർത്തിച്ച് എല്ലാ ഭേദങ്ങളും നിഷേധിക്കുകയാണ് സ്വഗതഭേദം സജാതീയ ഭേദം വിജാതീയ ഭേദം ഇതെല്ലാം നിഷേധിക്കുന്നു അതിനാണ് മൂന്ന് വാക്ക് ഏകം ഏവ അദ്വിതീയം ഈ മൂന്ന് വാക്കും ഒന്നേ ഉള്ളു എന്ന് താല്പര്യമുള്ള വാക്കുകളാണ് എന്താ മൂന്ന് വാക്കുപയോഗിച്ചത് സ്വഗതഭേദം സജാതീയ ഭേദം വിജാതീയ ഭേദം ഇതൊന്നും ആ ബോധത്തിലുണ്ടായിരുന്നില്ല സ്വഗതഭേദം എന്ന് പറഞ്ഞാൽ ഒരേ വസ്തുവിൽ തന്നെ പല ഭേദങ്ങൾ വരാമല്ലോ ഒരു മരം അതിൻ്റെ കൊമ്പ് ഇല കായ പൂവ് ഇതൊക്കെ സ്വഗതഭേദമാണ് നാമരൂപങ്ങൾ വേർതിരിയുന്നതിന് മുൻപ് ഈ ബോധത്തിൽ അങ്ങനെ വല്ല ഭേദവും ഉണ്ടായിരുന്നോ ഒറ്റ ഭേദവുമില്ല സജാതീയ ഭേദം ഒരു മരത്തിന് അതേ രൂപത്തിലുള്ള മറ്റൊരു മരത്തോടുള്ള വ്യത്യാസം അങ്ങനെ വല്ലതും ഈ ബോധത്തിന് അഥവാ ബ്രഹ്മത്തിന് ഉണ്ടായിരുന്നോ ഇല്ല വിജാതീയ ഭേദം ഒരു മരത്തിന് ഒരു കരിങ്കല്ലിനോടുള്ള ഭേദം വിജാതീയ ഭേദം അങ്ങനെ ബോധമല്ലാത്ത വല്ലതും ഉണ്ടായിരുന്നോ ഒന്നുമില്ല ഇങ്ങനെ ഒരു തരത്തിലും ഒരു ഭേദവുമില്ലാത്ത ഏകമേ അദ്വിതീയമായ സത്ത് അതായത് ഉണ്മ്മ അനുഭവമായുള്ള ബോധം ഉണ്ട് ഉണ്ട് ഉണ്ട് എന്ന് വ്യക്തമായി അനുഭവിക്കാൻ കഴിയുന്ന ബോധം മാത്രമേ ഈ പ്രപഞ്ച നാമരൂപങ്ങൾ വേർതിരിയുന്നതിനു മുൻപ് ഉണ്ടായിരുന്നുള്ളൂ ആ ബോധം ഇന്ന് വ്യക്തമായി ജീവികളിലൊക്കെ അനുഭവപ്പെടുന്നുമുണ്ട് ഉണ്ട് ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ എല്ലായിടത്തും ആ ബോധം അനുഭവപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് കുഞ്ഞെ ഐതദാത്മ്യമിതം സർവം ഈ കാണുന്ന സർവവും അമീബ മുതൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള സർവവും ഐതദാത്മ്യം അത് തന്നെ അതാണ് ജ്ഞാത അജ്ഞാതസമഹ എന്ന് ഗുരുദേവൻ പറയുന്നത് അറിഞ്ഞതും അറിയാത്തതും ഒക്കെ തുല്യം എന്താ ഒക്കെ ഒരേ ബോധവസ്തുവും അപ്പോൾ അയുധാത്മവിധം സർവം ഈ കാണുന്ന സർവവും ആ ബോധവസ്തു തന്നെയാണ് ഇത് ഇത്ര ശാസ്ത്രീയമായി യുക്തിയുക്തമായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് അംഗീകരിക്കാൻ ഇനിയും മടിച്ചു നിന്നാൽ എന്താ വിലപ്പെട്ട സത്യം നമുക്ക് നഷ്ടമാകുന്നു അത്രേയുള്ളൂ അയുധാത്മവിധം സർവം തത്വമസി ശ്വേതകേതോ അതുകൊണ്ട് എല്ലാം അതാണ് അതുകൊണ്ട് നീയുമതാണ് തത്വമസി നീ അതാണ് ഇങ്ങനെ ഈ തത്വമസി ഒൻപത് പ്രാവശ്യം ആവർത്തിച്ചുപദേശിക്കുകയാണ് ശാന്തോക്യോപനിഷത്ത് ആറാം അധ്യായത്തിൽ ഇടയ്ക്ക് ചില സംശയങ്ങളൊക്കെ വരുന്നു ശ്വേതകേതുവിന് അതിസൂക്ഷ്മമായ ഈ ബോധം എങ്ങനെയാണ് തടിച്ചു കൊഴുത്ത ഒരു പ്രപഞ്ചമായി രൂപപ്പെട്ടത് അതിനൊക്കെ വളരെ എക്സ്പെരിമെന്റലായിട്ട് ഉത്തരം കൊടുക്കുക അച്ഛൻ പറഞ്ഞു കുഞ്ഞേ നീ നമ്മുടെ ആശ്രമത്തിൻ്റെ മുമ്പിൽ വൻകാടുപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ആൽമരൻ നീ കാണുന്നുണ്ടല്ലോ അതിൽ നിന്നൊരു കായ് പറിച്ചോണ്ടുവരൂ ഒരു കായ് പറിച്ചുകൊണ്ടുവന്നും അതിനെ രണ്ടായി പിളർക്കൂ പിളർന്നു അതിൽ നിന്നൊരു തരിയെടുക്കൂ എടുത്തു അതിനെ വീണ്ടും പിളർക്കു പിളർന്നു ഇതിനകത്ത് നീ എന്ത് കാണുന്നു ഒന്നും കാണുന്നില്ല പക്ഷെ നിനക്കറിയാമോ ഈ ആൽമരം മുഴുവൻ ഈ തരിക്കകത്ത് അടങ്ങിയിരിക്കുന്നു ഇതുപോലൊരു വിത്തിൽ നിന്നാണ് ഈ ആൽമരം മുഴുവൻ രൂപം കൊണ്ടത് അതിൽ ഇല്ലാത്തത് ഉണ്ടാവാൻ പറ്റില്ലല്ലോ നിനക്കിന്ന് ഒന്നും കാണാനില്ലാത്ത ആ തരിയിൽ ോലെ പടർന്ന് പന്തലിപ്പിച്ചു നിൽക്കുന്ന ആൽമരം മുഴുവൻ അടങ്ങിയിരിക്കുന്നു ഇതുപോലാണ് അതിസൂക്ഷ്മമായ ബോധത്തിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ഈ പ്രപഞ്ചം അടങ്ങിയിരിക്കുന്നു അതിലൊട്ടും അതിശയിക്കാനില്ല ഇതിനൊക്കെ എന്താ ആർക്കെങ്കിലും വ്യക്തമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റുമോ വിദ്യാരണ്യസ്വാമികൾ ചോദിക്കുന്നുണ്ട് അത്യന്തം സൂക്ഷ്മമായ കണ്ണിന് ഈ നഗ്നമായ കണ്ണിന് കാണാൻ പോലും വയ്യാത്ത അതിസൂക്ഷ്മമായ പിതൃബീജം മാതൃഗർഭപാത്രത്തിലെത്തിയിട്ട് ഒരു വിചിത്രമായ കുഞ്ഞിന്റെ രൂപം കൈക്കൊണ്ട് പുറത്തേക്ക് വരു അദ്ദേഹം ചോദിക്കുന്നു ഏതസ്മാത് കിമിവി ഇന്ദ്രജാലം അപരം ഇതിനേക്കാളൊരു ഇന്ദ്രജാലം ഏതസ്മാത് കിമിൽ ഇന്ദ്രജാലമപരം യദ്ഗർഭവാസസ്ഥിതം രേതശ്ചേതത്തി ഗർഭപാത്രത്തിലെത്തുന്ന പിതൃവീജം അവിടെ ചൈതന്യവത്തായിത്തീരുന്നു എന്നിട്ടോ ഹസ്തമസ്തകതയാതാങ്കുരം കയ്യെ കാല തല തലമുടി അതിവിചിത്രങ്ങളായ രൂപങ്ങൾ ഹസ്തമസ്തകതയാ പ്രോത്ഭൂതമാനാകുരം എന്നിട്ടോ പശ്യത്യത്തി ശൃണോതി ലിഖ്ര തഥത്യഥാ ഗതി അതിവിചിത്രമായ ആ രൂപം പര്യാണ ശിശുത്വയൗവന ജരാവേഷരനേകൃതം അങ്ങനെ മാറി മാറി കുഞ്ഞ കുമാരൻ യുവാവൃദ്ധൻ ഒക്കെയായി മാറുന്നു അതിൻ്റെ സൂക്ഷ്മരൂപം എന്താ ആലോചിച്ചാൽ എന്തദ്ഭുതം ഒടുവി ഇല്ലാതാകുന്നു മരിക്കുന്നു എന്നിട്ട് കൊള്ളകാലത്തോ പശ്യത്യത്തിശ്മോതി കാണുന്നു ഭക്ഷിക്കുന്നു കേൾക്കുന്നു ഗച്ഛതി കഥ ആഗഛതി പോകുന്നു വരുന്നു ഏതസ്മാത് കിമി ഇന്ദ്രജാലം അപരം ഇതിനേക്കാളൊരു ഇന്ദ്രജാലം വേറെ എന്തുണ്ട് അതൊന്നും അങ്ങനെയൊന്നും അല്ല സാർ അതൊക്കെ സെല്ല് സെല്ലായിട്ടിങ്ങനെ വർദ്ധിച്ചു വർധിച്ചു വരികയാണ് അതെ അത് തന്നെ ഡോ ഈ ചോദിക്കുന്നത് ആ അതിസൂക്ഷ്മമായ ബീരം സെല്ല് സെല്ലായി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു അത് ചുമ്മാ ചെയ്യൂ ചെയ്തു എന്ന് നിങ്ങൾ കാണുന്നത് പറഞ്ഞാൽ പോരാ ഇത് എന്തൊരു അത്ഭുതം കാണുന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു വസ്തുവിനെ വിവരിച്ചു എന്ന് കരുതാൻ വയ്യ ഒരാളിൻ്റെ വിത്ത് വൃക്ഷമാകുന്നതിന് ഇതുപോലെ തന്നെയാണ് ഇതുപോലെ ബോധം പ്രപഞ്ചമായി ഇന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്നങ്ങോട്ട് പിടികിട്ടുന്നില്ല അത് പിടികിട്ടില്ല എങ്ങനെ പിടികിട്ടാൻ ഒന്നും പിടികിട്ടില്ല ചുമ്മാതെ ഒന്ന് കണ്ടത് വിവരിച്ചത് കൊണ്ട് മാത്രം ശാസ്ത്രമാവില്ല ഇതെങ്ങനെ ഈ ശക്തി എവിടെ നിന്ന് വന്നു എന്ന് വ്യക്തമായാൽ മാത്രമേ അത് വ്യക്തമായ ഒരു ശാസ്ത്ര സിദ്ധാന്തമാവുള്ളൂ അപ്പോൾ കുഞ്ഞെ ഈ ബോധം അതിസൂക്ഷ്മമാണ് ഈ ആലിൻ്റെ വിത്തുപോലെ അതിൽ നിന്നും വന്ധിച്ച് ഒരു ആൽമരം ഉണ്ടായതുപോലെയാണ് ഈ ബോധത്തിൽ നിന്നും പ്രപഞ്ചമുണ്ടായത് അതിൽ അതിശയിക്കാനൊന്നുമില്ല ഓ അതങ്ങനെയാണ് ഇത് സർവവ്യാപിയാണ് അപ്പോഴും മകന് ചില സംശയമുണ്ടായി സർവവ്യാപിയാണെങ്കിൽ നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ ചെവിക്ക് കേൾക്കാൻ പറ്റുന്നില്ല അതെ കണ്ണിന് കാണാൻ പറ്റുന്നില്ല ചെവിക്ക് കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ ഇതില്ലാത്തതാണ് കരുതരുത്തത് സൂക്ഷ്മ ബുദ്ധിക്ക് ഈ ബോധത്തെ കണ്ടെത്താൻ കഴിയും അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിക്ക് ശുദ്ധമായ കേവലമായ ഈ ബോധത്തെ കണ്ടെത്താൻ കഴിയും െന്നും അതും അതും എക്സ്പെരിമെൻ്റലായിട്ട് തെളിയിക്കുകയാണ് അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ് സന്ധ്യാസമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം മുട്ടുക ഇതിൽ ഒരു പിടി ഉപ്പ് അതിലിട് ഇട്ടൊരു സ്ഥലത്ത് വച്ചേക്കാൻ കാലത്തെ എടുത്തുകൊണ്ട് വരണം അപ്പം മകൻ അങ്ങനെ ചെയ്തു പിറ്റേ ദിവസം കാലത്തെ ആ ഉപ്പിട്ട വെള്ളം എടുത്തുകൊണ്ടും അച്ഛൻ പറഞ്ഞു നോക്കുന്ന നീ ഇന്നലെ ഇതിൽ ഒരു പിടി ഉപ്പിട്ടതല്ലേ അതിലുപ്പുണ്ടോ കണ്ണു തുറന്ന് നോക്ക് കണ്ണു തുറന്ന് നോക്കി കാണാനില്ല മണത്ത് നോക്ക് മണത്ത് നോക്കി ഉപ്പില്ല കണ്ണ് പറയുന്നു ഉപ്പില്ല മൂക്ക് പറയുന്നു ഉപ്പില്ല തൊട്ട് നോക്ക് ആ വെള്ളം തൊട്ട് നോക്കി ഉപ്പില്ല എന്നാ ചെവി കൊടുത്ത് നോക്ക് ഉപ്പ് ശബ്ദിക്കുന്നുണ്ട് ശബ്ദിക്കുന്നില്ല ഒരു കാര്യം ചെയ്യും അതിന് ഒരു വെള്ളം എടുത്ത് നാവിൽ വെച്ച് നോക്കൂ നാക്കിൽ ആ ഉപ്പുണ്ടാ അത് അടിയുന്നൊരു തുള്ളി വെള്ളം എടുക്കൂ അടിയുന്നൊരു തുള്ളി വെള്ളം എടുത്ത് ഉപ്പുണ്ട് ഏത് ഭാഗത്തു നിന്ന് വേണോ ഒരു തുള്ളി വെള്ളം എടുക്കൂ ആ ഉപ്പുണ്ട് നാക്കിൽ വച്ചപ്പം ഉപ്പുണ്ട് ഉപ്പ് ഈ വെള്ളത്തിൽ സർവ്വവ്യാപിയാണ് ആ വെള്ളത്തിൽ മുഴുവൻ നിറഞ്ഞു പക്ഷേ വസ്തുക്കളെ ഗ്രഹിക്കാൻ നിനക്കുള്ള അഞ്ചുപകരണങ്ങളിൽ നാലൻ നമ്പറയൊന്നും ഇതിൽ ഉപ്പില്ല ഒരെണ്ണം പറയുന്നു ഉപ്പുണ്ടെന്ന് നീ ഏത് വിശ്വസിക്കും പരമാർത്ഥത്തിൽ ജനാധിപത്യ രീതി അനുസരിച്ചും ഭൂരിപക്ഷം വേണ്ട വിശ്വസിക്കാനും നാല് ഉപകരണങ്ങൾ പറയുന്നു ഇല്ലെന്ന നീ അത് വിശ്വസിക്കുമോ നാവ് പറയുന്നത് വിശ്വസിക്കുമോ അതുപോലെ മകനെ ബുദ്ധി കൃഷ്ണൻ തന്നെ പറയുന്നു ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധിക്ക് സൂര്യതുല്യം ഈ ബോധം അനുഭവ വിഷയമായിത്തീരും സൂര്യതുല്യം യാതൊരു സംശയവും ഇല്ലാത്ത നിലയിൽ ജഡങ്ങളൊന്നും സത്യമല്ല ഈ ബോധം മാത്രമാണ് സത്യം എന്ന് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും സത്യദർശികൾ പറയുന്നത് നമ്മുടെ ശരീരം ഉണ്ടെന്ന് ഇന്ന് എത്രമാത്രം സ്പഷ്ടമായി നമുക്ക് തോന്നുന്നു അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്പഷ്ടമായി ഞാൻ ശരീരമല്ല ബോധമാണ് എന്ന് അനുഭവിക്കാറാകും സൂക്ഷ്മമായ ബുദ്ധിക്ക് തന്നെ അത് പിടികിട്ടും അത് ആ വസ്തുവായി തീരുന്നതിന് മുൻപ് തന്നെ പിടികിട്ടും എന്നുവെച്ചാൽ ബോധത്തിൻ്റെ പൂർണ്ണരൂപം ബുദ്ധിക്ക് പിടികിട്ടിയെന്ന് വരില്ല ആ ബോധമായി തീരുമ്പോഴേ അതിൻ്റെ പൂർണ്ണരൂപം പിഴികിട്ടുള്ളൂ അപ്പോൾ പിന്നെ അത് അറിയുന്നോ അറിയുന്നില്ലേ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പറയാൻ പോയാൽ രണ്ടിൻ്റെ തോന്നലുണ്ടാവും ദൈര്യം കുറച്ച് പറയാതെ പൂർണ്ണത അനുഭവിക്കുന്നതാണ് സത്യാനുഭവം പറയാൻ പോയാൽ പൂർണ്ണത പൂവും അതുകൊണ്ടാണ് സത്യത്തെ അറിയുന്നു എന്ന് പറയുന്നവൻ അറിയുന്നില്ല പൂർണ്ണത അയാൾക്ക് പിടികിട്ടിട്ടില്ല എങ്കിൽ ഞാൻ അറിയുന്നു എന്ന് പറയില്ലായിരുന്നു അറിയുന്നു എന്ന് പറഞ്ഞാൽ പൂർണമായി ആ സത്യം അങ്ങനെ മാറി നിന്ന് അറിയാവുന്ന വസ്തു അല്ല എന്നദ്ദേഹം അറിയുന്നില്ല നേരെമറിച്ച് ആ സത്യം അങ്ങനെ മാറി നിന്ന് പൂർണമായി അറിയാൻ പറ്റുന്നതല്ല എന്നുവെച്ചത് അറിയാൻ പറ്റില്ല എന്നല്ല സൂക്ഷ്മബുദ്ധിക്കും ഉപനിഷത്തും പറയുന്നു ദൃശ്യത്തെ ത്വഗ്രയാ ബുദ്ധിയ അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മബുദ്ധിക്ക് അത് സ്പഷ്ടമായി മാറി നിന്ന് തന്നെ ബുദ്ധിക്ക് മാറി നിന്ന് തന്നെ അനുഭവിക്കാൻ കഴിയും ഏത് വസ്തുവിൻ്റെയും സ്ഥിതി അതാണ് സൂര്യനെ അറിയുന്നു എന്ന് പറയുന്നു സൂര്യനെക്കുറിച്ച് മാറി നിന്നുള്ള എല്ലാ അറിവുകളും അപൂർണമാണ് ഏത് ശാസ്ത്രജ്ഞൻ ഇനി എത്ര ഉപകരണം കൊണ്ട് എങ്ങനെയൊക്കെ അറിഞ്ഞാലും മാറുന്നതെന്നറിയുന്ന അറിവ് അപൂർണം സൂര്യനെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ആർക്കാ സാധ്യമാവുക സൂര്യന് മാത്രം ഇവരെ ആർക്കാ സാധ്യമാവുക ഇപ്പം നമ്മെക്കുറിച്ച് ആരെങ്കിലും ഒരു അയാളെ എനിക്കറിയാം എന്തറിയാം ഓന്നും അറിഞ്ഞുകൂടാ നമ്മെക്കുറിച്ച് തന്നെ ഓരോ വ്യക്തിയെക്കുറിച്ചും മാറി നിന്ന് ആരെന്തൊക്കെ അറിഞ്ഞാലും അത് അപൂർണമാണ് അറിയുന്നത് ആ വസ്തുവായി തീരുമ്പോൾ മാത്രമേ പൂർണ്ണമായി അറിയാൻ പറ്റൂ അങ്ങനെയാണ് സാർ അപ്പോൾ ഈ ജഡപദാർത്ഥങ്ങളെയൊക്കെ ഇപ്പൊ ഒരു ഒരു മൺകട്ടയെ മൺകട്ടയായിത്തീർന്നാലേ അറിയാൻ പറ്റുമോ സാർ എന്ന് പറഞ്ഞാൽ മൺകട്ടയ്ക്ക് അറിവില്ലല്ലോ മൺകട്ടയെ മാറിതെന്നറിഞ്ഞതുകൊണ്ടൊന്നും വിശേഷമില്ല എന്തറിയും മൺകട്ടയെ ഇന്ന് പ്രപഞ്ചത്ത് മാറിതെന്നതല്ലേ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അറിയുന്നുണ്ടല്ലോ എന്തറിയുന്നു ഒന്നും അറിയുന്നില്ല വാസ്തവത്തിൽ എാഗികമായിട്ട് പോലും കാര്യമായി അറിയൊന്നുമില്ല പ്രപഞ്ചത്തെക്കുറിച്ച് എന്തറിയുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്ന വസ്തുവായി തീരണം അപ്പോഴേ അറിയാൻ പറ്റൂ അല്ലാതെ മാറിതൊന്നും ഒരിക്കലും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ തുണിയ ശാസ്ത്രജ്ഞന്മാർക്ക് പ്രപഞ്ചത്തെക്കുറിച്ചൊന്നും അറിയാൻ പറ്റാതിരിക്കുന്നത് അതങ്ങനെ ഇരിക്കട്ടെ എന്തായാലും അച്ഛനും ശ്വേതകേതുവിനുമുണ്ട് ചോദിച്ചു ആ സത്യം നിനക്ക് പിടികിട്ടുകയോ ഇല്ല ഒടുവിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊടുത്തു ഒൻപത് പ്രാവശ്യം ഒരു ലാബറട്ടറിയിൽ പോലെ പരീക്ഷണങ്ങളിൽ കൂടി ആ സത്യത്തെ തെളിയിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി ഭാഗം അതാണിവിടെ ഗുരുദേവൻ സൂചിപ്പിക്കുന്നത് ജ്ഞാത അജ്ഞാതസമ അറിഞ്ഞതും അറിയാത്തതുമൊക്കെ തുല്യം സ്വന്യഭേദശൂന്യതാഗ്ഞിതം സർവം ഈ കാണുന്നതൊക്കെ അത് തന്നെ ഇനി എന്താ എനിക്കും മറ്റൊരാൾക്കും തമ്മിൽ എന്ത് ഭേദം പ്രപഞ്ചത്തെ മുഴുവൻ ഏകവസ്തുവായി വ്യക്തമായി അനുഭവിക്കുമ്പോൾ വെറുതെ അറിഞ്ഞാലും പോരാ അനുഭവിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് നിർവൃതി നിർവൃതി പരമമായ ശാന്തി അനുഭവപ്പെടാൻ സാധിക്കും രണ്ടുമുണ്ടെന്ന് തോന്നുന്നിടത്തോളം അല്പമൊക്കെ ഒരു അസ്വാസ്ഥ്യം എപ്പോഴും മനസ്സിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഭാഗവതം രചിക്കാനിടയായ സന്ദർഭത്തെക്കുറിച്ച് ഭാഗവതത്തിൽ ആദ്യം ഒരു പരാമർശമുണ്ടല്ലോ വ്യാസൻ പലതും ചെയ്തു ലോകത്തിന് വേണ്ടി എന്നാൽ വേദങ്ങളെ പകുത്തു അതൊക്കെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു എല്ലാം ക്രമപ്പെടുത്തി മഹാഭാരതം പഞ്ചമവേദം എന്ന് പ്രസിദ്ധമായിട്ടുള്ള മഹാഭാരതം വേറെ പല പല നല്ല കാര്യങ്ങളുമൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിന് പൂർണമായ സ്വാസ്ഥ്യമുണ്ടായില്ല ഒരു ദിവസം ആശ്രമത്തിന്റെ മുൻപിൽ സരസ്വതി നദിയുടെ കരയിൽ അല്പം വ്യാകുലജത്തിനായി അദ്ദേഹം നോക്കിയിരിക്കുകയാണ് ആളുകളൊക്കെ വല്ലാതെ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു അപ്പൊ വ്യാസനല്പം കുണ്ടതെന്ന് തോന്നി ഞാൻ ഇത്രയും ഒക്കെ ചെയ്തിട്ടും ലോകമൊന്നും കാര്യമായി നന്നായ ലക്ഷണമില്ലല്ലോ കുറച്ചൊരു വ്യാകുലത ഉടനെ നാരദനോടെ എത്തി എന്താ വ്യാസമഹർഷെ സുഖമല്ലേ എന്താണങ്ങയുടെ മോഹം കണ്ടിട്ട് അല്പം ഒരു വല്ലായ്മ ഉള്ളതുപോലെ തോന്നുന്നല്ലോ അങ്ങയ്ക്കെന്താ വല്ലായ്മ കാര്യം നാല് വേദങ്ങളും ഒക്കെ പകുത്ത് പലരെയും പഠിപ്പിച്ചില്ലേ പഞ്ചവേദമായ മഹാഭാരതം രചിച്ചില്ലേ അങ്ങയ്ക്കിനി എന്താ ഈ ബുദ്ധിമുട്ട് മനസ്സിനി വല്ലായ്മ അപ്പൊ വ്യാസൻ പറഞ്ഞു അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ് ഞാനിതൊക്കെ ചെയ്തു അസ്ത്യേവമേ സർവമിതം ത്വയോക്തം ആലയോ നാരദ മഹർഷെ അങ്ങ് പറഞ്ഞതെല്ലാം എനിക്ക് ഉണ്ട് ഞാനിതൊക്കെ ചെയ്തു വേദം പകുത്തു ഭാരതമെഴുതി അസ്ത്യേവമേ സർവമിതം ത്വയോക്തം തഥാപി ആത്മാ പരിതുഷ്യത്തെ മേ ഇതാണ് നിർവൃതി കിട്ടിയില്ല തഥാപി പലരെയും കാണുന്നില്ലേ വല്യ വല്യ ആളുകൾ എത്ര നൂറ് നൂറ്റമ്പത് പുസ്തകം എഴുതി പടവക്കാലം ജീവിച്ചു അവാർഡുകൾ ഇനി കിട്ടാൻ ഒന്നുമില്ല അവിടെയൊക്കെ എത്തി എന്താ നല്ല സന്തോഷമാണോ അല്ല എന്ന് പറയാം മയ്യ എന്തോ മനസ്സിനൊരു കുണ്ഠിതം ഇപ്പോഴും ഇതാണേ എന്തൊക്കെ ചെയ്തിട്ടും വ്യാസന്റെ മനസ്സിനൊരു കുണ്ഠിതം തഥാപി ത്മാ പരിതുഷ്യത്തേമേ എങ്കിലും എൻ്റെ ആത്മാവ് പൂർണ്ണ സുഖം ഞാൻ അനുഭവിക്കുന്നു ഇടതടവില്ലാത്ത ആനന്ദം ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല അലയോ നാരദമഹർഷി അങ്ങേക്കറിയാമായിരിക്കുമല്ലോ ഇതിൻ്റെ കാരണം അങ്ങ് മഹാഗംഭീരനല്ലേ ലോകമെങ്ങും ചുറ്റു നടന്ന ദുഃഖിക്കുന്നവര് ഒക്കെ ആശ്വസിപ്പിക്കുന്നയാളല്ലേ എന്താ ഇതിൻ്റെ കാരണം അപ്പോൾ നാരദം പറഞ്ഞു നീ പറയുന്നത് ശരിയാണ് നിനക്ക് ആ നിർവൃതി എന്നാ പരിദൂഷ്യത്തെ എന്ന് പറഞ്ഞാൽ നിർവൃതിയില്ല ഗുരുദേവൻ പറയുന്ന നിർവൃതിയില്ല എന്തായ കാര്യം ഇത്യാദി വാദോപരത്രിയസ്യ ഈ ചർച്ചകളൊക്കെ എവിടെ അവസാനിക്കുന്നു അവിടെയാണ് നിർവൃതി വ്യാസന് ചർച്ചയൊക്കെ അവസാനിപ്പിച്ചോ ഇല്ല ഞാൻ നാല് വേദം എഴുതി ആളുകളൊക്കെ എന്നിട്ടും നന്നായതായി തോന്നുന്നില്ല ഞാൻ ഇത്രയൊക്കെ ചെയ്തു അതാണ് അപ്പം ചർച്ച അവസാനിച്ചില്ല ഇപ്പോഴും ചർച്ച കിടക്കുകയാണ് ഈ വാദങ്ങളൊന്നും അവസാനിച്ചില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതം ഹി വിശ്വം ഭഗവാൻ അതായത് ഇവിടെ നാരദൻ പറയുന്നതിൽ വല്ല സംശയമുണ്ട് എവിടെയും ഈ പ്രപഞ്ചം ഭഗവാനാണ് നീ ഉൾപ്പെടെ എല്ലാം ഭഗവാൻ ഇതം ഹി വിശ്വം ഭഗവാൻ വേതരോ ഈ ജീവൻ എങ്ങനെയാണോ ബ്രഹ്മം ആണെന്ന് പറയുന്നത് അതുപോലെ ഈ ഗടപ്രപഞ്ചവും അമീബം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ എല്ലാം ഭഗവാൻ എല്ലാം ഇതം ഹി വിശ്വം ഭഗവാൻ വേതരോ എന്താ കാര്യം യഥോ ജഗത് സ്ഥാന സംഭവാഹ ബോധം സത്ത് സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് എന്തെങ്കിലും പൊന്തി കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ സത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ലയിക്കുന്നുണ്ടെങ്കിൽ അതിൽ യഥോ ജഗൻ സ്ഥാന നിരോധ സ്ഥാനം സ്ഥിതി നിരോധം പ്രളയം സംഭവം സൃഷ്ടി സൃഷ്ടി സ്ഥിതി പ്രളയങ്ങളൊക്കെ ഈ സത്തിൽ സംഭവിക്കുന്നതാണ് ഒന്നിൽ പൊന്തി വന്ന് അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നത് അല്ലയോ വ്യാസരെ അതല്ലാതെ മറ്റെന്തെങ്കിലും ആവാൻ പറ്റുമോ വെള്ളത്തിൽ പൊന്തി വന്ന് അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്ന കുമിളയും തിരയും ഒക്കെ വെള്ളമല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ല അതുപോലെ ബോധത്തിൽ ബ്രഹ്മത്തിൽ ഈശ്വരനിൽ ഞാനത് പറയുന്നത് ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഈ ഈ ബ്രഹ്മമാണ് ഈ ബോധമാണ് ഇതിൽ പൊന്തി വന്ന് ഇതിൽ നിലനിന്ന് ഇതിൽ ലയിക്കുന്നത് അത് ഭ്രമമാകട്ടെ വസ്തു ആകട്ടെ എന്തുമാവട്ടെ മരുഭൂമിയിൽ പൊന്തി വന്ന് അതിൽ നിലനിന്ന് അതിലില്ലാതാകുന്ന കാനൽ ജലം മരുഭൂമി അല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ല കയറിലുണ്ടെന്ന് തോന്നി കുറേ നേന്തിക്കണ്ട് ഒടുവിലില്ലാതാവുന്ന കയറിൽ പൊന്തി വന്നില്ലാതാകുന്ന പാമ്പ് കയറല്ലാതെ മറ്റൊന്നും ആവാൻ സാധ്യമല്ല അതുപോലെ തന്നെ എന്തും കാരണത്തിൽ പൊന്തി വന്ന് അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നതാ കാരണമല്ലാതെ മറ്റൊന്നും ആകാനേ സാധ്യമല്ല അതിൻ്റെ പൊന്തിവരലും നിലനിൽപ്പും ലയിക്കലും പരിണാമമോ വിവർത്തമോ ആരംഭമോ എന്തുമാവട്ടെ അതൊക്കെ അത് തന്നെയാണ് അതുകൊണ്ട് ഇതം ഹി വിശ്വം ഭഗവാൻ ഇടയതോ യഥോ ജഗത് സ്ഥാന നിരോധ സംഭവാഹി സ്വയം വേദഭവാൻ അമ്മയ്ക്ക് ഇതറിയാം ഇപ്പം നമ്മളൊക്കെ പലരും പറയുമ്പോൾ സാർ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞങ്ങളെ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ പക്ഷേ പറ്റുന്നില്ല സാർ അത് മറന്നുപോകുന്നു അതുപോലെയാണ് നിനക്കിതറിയാം സത്യസ്വയം വേദഭവാൻ തഥാപി അപ്പൊ ഈ പ്രാദേശമാത്രം ഭഗവത പ്രദർശിതം എങ്കിലും അങ് അതിൻ്റെ ഒരല്പഭാഗമേ വെളിപ്പെടുത്തിയോളും മഹാഭാരതം എഴുതി മഹാഭാരതത്തിൽ അങ് സർവം ജഗത്ത് മുഴുവനീശ്വരൻ എന്ന് എല്ലായിടത്തും വെളിപ്പെടുത്തിയില്ല എന്നല്ല അപ്പൊ ഗീതയൊക്കെ അതിൽ എങ്കിലും അങ്ങ് മഹാഭാരതത്തിൽ പ്രാധാന്യം നൽകിയത് ധർമ്മത്തിനാണ് ധർമ്മത്തിൽ എന്ത് ധർമ്മം ഒക്കെ ഈശ്വരനാണെങ്കിൽ പിന്നെ ഈശ്വരനിൽ നിന്നും ഭിന്നമാണോ ധർമ്മം യഥോ ധർമ്മസ്ഥതോ ജയ ധർമ്മമുള്ളടത്ത് ജയം ഇതാണ് ഭാരതത്തിന്റെ മുദ്രാവാക്യം മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ മുദ്രാവാക്യം ധർമ്മം ഉള്ളിടത്ത് ജയം മഹാഭാരതം അവസാനിക്കുന്നതും ഊർധ്വബാഹൃ വിരോമ്മേഷ നശ്ചിത് ശൃണോതിമാം ധർമാദർഥശ്ച കാമസ് സധർമ്മയ്ക്കും നവ്യത്തെ ഞാനിത് ആ രണ്ടു കൈയും ഉയർത്തി വിളിച്ചു പറയുന്നു ധർമ്മം കൊണ്ടേ അർത്ഥവും കാമവും ഫലവത്താവൂ അതുകൊണ്ട് ആ ധർമ്മത്തെ എന്തുകൊണ്ട് മനുഷ്യൻ സേവിക്കുന്നില്ല ഇതാണ് എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയം ഇതാണ് ധർമ്മ രക്ഷതി രക്ഷിത ഇങ്ങനെ പലതരത്തിലും ധർമ്മത്തിന് പ്രാധാന്യം നൽകും ധർമ്മവോ രക്ഷതി രക്ഷിത ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം നിങ്ങളെയും രക്ഷിക്കും നാരദൻ തുടർന്നു അല്ലയോ വ്യാസരെ അങ്ങ് മഹാഭാരതത്തിൽ ധർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് വാസ്തവത്തിൽ ഈ ജഗത്ത് ഈശ്വരമയമാണ് ഈശ്വരനെ അതായത് ശാസ്ത്രീയമായ പരമസത്യത്തെ അറിയാൻ ഉപകരിക്കാത്ത ധർമ്മം ധർമ്മമേ അല്ല അതുകൊണ്ട് ഏത് കർമ്മവും സത്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതാവണം അതല്ലാത്തതൊക്കെ എന്ത് ധർമ്മമായാലും ബന്ധമാണ് അധർമ്മമായി തീരും അതുകൊണ്ടന്ന് ഈ ജഗത്ത് മുഴുവൻ ഈശ്വരമയമാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം പുതുതായി എഴുതൂ അന്ന് മാത്രമേ അങ്ങേക്ക് നിർവൃതി സാധ്യമാകൂ വ്യാസനങ്ങനെ ഭാഗവതം രചിച്ചു എന്നാണ് ഭാഗവതത്തിൽ ഓരോ പേജിലും ഈ ജഗത്ത് ഈശ്വരമയമാണ് ഈശ്വരമയമാണ് എന്ന് ആവർത്തിക്കുന്നു സ്തുതികളിൽ എല്ലാം അത് ആവർത്തിക്കുന്നു ഗുരുദേവന്റെ നിർവൃദ്ധി വഞ്ചകം ഒരു ട്വീഴ്ചയും ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മം മാത്രമാണ് എന്ന് പ്രതിപാദിക്കുന്ന കൃതിയാണ് അത് ഉറപ്പിക്കുന്നിടത്ത് മാത്രമേ പരമമായ സൗഖ്യമുള്ളൂ പൊടിവെളത്ത് പദ്യത്തിൽ വിശേഷിച്ചും അറിഞ്ഞതും അറിയാത്തതും ഒക്കെ ബ്രഹ്മം ഞാനും നീയും ബ്രഹ്മം ഒരിടത്തും ഒരു ഭേദവുമില്ല ഈ പരമമായ സത്യം കുറേശയെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്കൊക്കെ ഗുരുദേവ കാരുണ്യം ഉണ്ടാകട്ടെ നമസ്കാരം